ണാമം ശ്രീരാമൻ്റെ തത്വോപദേശം കേട്ട് ലക്ഷ്മണൻ ശാന്തനായി രാമൻ അമ്മയെയും മറ്റെല്ലാവരെയും സമാധാനിപ്പിച്ച് സീതയും ഒരുമിച്ച് കാട്ടിലേക്ക് യാത്രയായി ആ ഭാഗങ്ങളൊക്കെ ഇതിനെ വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഗംഗ കടന്ന് ഭരദ്വാജാശ്രമവും കടന്ന് വാൽമീകിയുടെ ആശ്രമത്തിൽ എത്തി വാത്മീകി രാമനെ സൽക്കരിച്ച് പൂജിച്ചു തുടർന്ന് രാമൻ വാത്മീഹിയോട് ഒരു കാര്യം ചോദിച്ചു എനിക്ക് ഈ തപോവനത്തിൽ എവിടെയെങ്കിലും കുറച്ചു കാലം താമസിച്ചാൽ കൊള്ളാവുന്നുണ്ട് എവിടെയാണ് നല്ല സ്ഥലം അങ്ങനെയൊക്കെ അറിയാമല്ലോ അത് പറഞ്ഞു തരണം എന്നായിരുന്നു രാമൻ്റെ ആഗ്രഹം പത്മിക്ക് ആ സ്ഥാനം പറഞ്ഞു കൊടുക്കുക അവിടെ നമ്മൾ ഇന്ന് വിശദമായി ചർച്ച ചെയ്യും കാരണം ഈ തത്വോപദേശങ്ങൾ കൊണ്ടൊക്കെ നേടേണ്ട പരമമായ ലക്ഷ്യം ബ്രഹ്മനിഷ്ഠ ജീവൻ മുക്തി സ്ഥിതപ്രജ്ഞത ജീവൻ മുക്തി ഗുണാതീതസ്ഥിതി നൈഷ്കർമ്മ്യ സിദ്ധി എന്നൊക്കെ പറയുന്നത് എന്നൊക്കെ ഗീതയിൽ പറയുന്നത് വി ബ്രഹ്മാനുഭവമാണ് രാമായണത്തിൽ അതൊക്കെ അവിടെ ഇവിടെ എഴുത്തച്ഛൻ വ്യക്തമായി ചർച്ച ചെയ്യുന്നുണ്ട് വേദാന്തശാസ്ത്രത്തിലെ പരമലക്ഷ്യം ഉറപ്പിക്കുന്നതോടു കൂടി ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ള എല്ലാ മാർഗങ്ങളും എഴുത്തച്ഛൻ രാമായണത്തിൽ വിശദമായി അവിടെ ചർച്ച ചെയ്യുന്നുണ്ട് എന്തായാലും രാമന് താമസസ്ഥലം ചൂണ്ടി കാണിക്കുന്നിടത്ത് പൂർണ്ണമായ ബ്രഹ്മനിഷ്ഠയെക്കുറിച്ചാണ് വാത്മീകി വിശദമായി ചർച്ച ചെയ്യുന്നത് നമുക്ക് അതൊന്ന് വിശദമായി വായിച്ചു പോകാം എന്നതു കേട്ടും വാൽമീകി മഹാമുനി മന്ദസ്മിതം ചെയ്തി വണ്ണമൽ ചെയ്തു സർവലോകങ്ങളും നിങ്ങൾ വസിക്കുന്നു സർവലോകേഷും വസിച്ചിടുന്നു ഇങ്ങനെയാണിങ്ങനെ സാധാരണം നിവാസസ്ഥലം അങ്ങനെയാകയാൽ എന്തു ചൊല്ലാത്തും രാമൻ ബ്രഹ്മമാണ് എന്ന കാര്യത്തിൽ വാൽമീകിക്ക് യാതൊരു സംശയവുമില്ല രാമനാമം ജപിച്ച് വലിയ ഋഷി ആയിത്തീർന്നയാളാണോ വാൽമീകി അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മറുപടി രാമൻ തികച്ചും ബ്രഹ്മമാണ് എന്ന കാര്യം വെളിപ്പെടുത്തുന്നതാണ് അരയോ രാമദേവൻ അങ്ങ് സർവലോകങ്ങളും നിങ്ങൾ വസിക്കുന്നു സകല പ്രപഞ്ചഘടകങ്ങളും അങ്ങയിലാണ് സ്ഥിതി ചെയ്യുന്നത് സർവ ലോകേഷു നീയും വസിച്ചിടുന്നു എല്ലാ ലോകങ്ങളിലും അകവും പുറവും നിറഞ്ഞ് അങ് വസിക്കുന്നു ഇങ്ങനെ സാധാരണം നിവാസസ്ഥലം ഇതാണ് അങ്ങയുടെ താമസസ്ഥലം ആ സ്ഥിതിക്ക് എനിക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലം ഏത് എന്നങ്ങളുടെ ചോദ്യത്തിന് ഞാൻ എന്തുത്തരമാണ് നൽകേണ്ടത് സർവലോകങ്ങളും നിങ്ങൾ വസിക്കുന്നു സർവലോകേഷനിയും വസിച്ചിയിടുന്നു ഇങ്ങനെ സാധാരണ നിവാസസ്ഥലം അങ്ങനെയായാൽ എന്തു ചൊല്ലേ ചൊല്ലാവതും സീതാസഹിതനായി ൊരു ദേശം വിശേഷേണ ചോദിക്ക കാരണം സൗഖേനതയെ വസിപ്പാനുള്ള മന്ദിരം ആഖ്യാവിശേഷേണ ചൊല്ലുന്നതുണ്ട് ഞാൻ എങ്കിലും അങ്ങെന്നോട് ചോദിച്ചു എനിക്ക് സീതയോ ഒരുമിച്ച് താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലം അങ്ങ് പറഞ്ഞു തരണം എന്നെന്നോട് ചോദിച്ചല്ലോ ഞാനത് വേണ്ട വിശേഷണങ്ങളോടുകൂടി അങ്ങക്ക് വ്യക്തമായി പറഞ്ഞു തരാം സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദ്വേഷഹീനമതികളായി ശാന്തരായി നിന്നഭജിപ്പവതും ഉണ്ട് സ്വാന്തം നിനക്കു സുഖവാസമന്തിരം അത് ബ്രഹ്മം എവിടെ താമസിക്കും എവിടെയാണ് തെളിഞ്ഞു കിട്ടുക ഇതൊക്കെ പറ്റുമോ എന്ന് നമുക്കും ഒന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ഭാഗങ്ങളൊക്കെ വായിച്ചു മുന്നോട്ട് നീങ്ങാം ബ്രഹ്മാനുഭവത്തിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷണം എപ്പോഴും സന്തോഷം സുഖം സന്തോഷം എന്താണ് ഈ ബ്രഹ്മാനുഭവം ബ്രഹ്മാനുഭവത്തെ എങ്ങനെ വേർതിരിച്ചറിയാൻ കഴിയും ഗീതയില് സ്ഥിതപ്രജ്ഞ ലക്ഷണമുണ്ടല്ലോ അതുപോലെ പ്രിയഭക്തന്റെ ലക്ഷണം പന്ത്രണ്ടാം അധ്യായത്തിൽ സ്ഥിതപ്രജ്ഞലക്ഷണം രണ്ടാം അധ്യായത്തിൽ അതൊക്കെ ഇതോടൊത്ത് ചേർത്ത് വായിച്ചു നോക്കുക സന്തുഷ്ടരായി എപ്പോഴും സന്തോഷം എന്താ കാര്യം ഇവിടെ ബ്രഹ്മം മാത്രമേയുള്ളൂ അത് ആനന്ദസ്വരൂപമാണ് മറ്റൊരു വസ്തുവും ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ ആനന്ദമാണ് എപ്പോഴും ആനന്ദം സന്തുഷ്ടരായി ഈ ആനന്ദം എങ്ങനെ വന്നു ചേർന്നു സമദൃഷ്ടികളായി നമ്മൾ ഇന്നലെ പറഞ്ഞു നല്ലയൊക്കെ ചർച്ച ചെയ്തല്ലോ എന്തിലും ബ്രഹ്മദർശനം സർവത്ര സദാഹംസധ്യാനം എപ്പോഴും ർശനം യോ മാം പശ്യതി സർവത്രം ചൈ പശ്യത്തിനശ്യാമി സ ച മേ ന പ്രണ്യത്തി ഇതാണ് ഗീതാരാധ്യായത്തിൽ ഭഗവാൻ പരമമായ ബ്രഹ്മനിഷ്ഠ എന്താണെന്ന് വിവരിക്കുന്ന ഒരു ശ്ലോകം അവിടെ അങ്ങനെ നാല് ശ്ലോകമുണ്ട് എവിടെയും ബ്രഹ്മത്തെ മനസ്സുകൊണ്ട് കാണുക അനുഭവിക്കുക സർവം ബ്രഹ്മമയം ഇതാണ് ശാസ്ത്രീയമായ പരമസത്യം സർവം ബോധമയം ബോധമില്ലെങ്കിൽ മറ്റൊന്നുമില്ല അതുകൊണ്ട് സമദൃഷ്ടികളായി ഒരിടത്തും തൻ്റെ സമദൃഷ്ടിക്ക് ഹാനിയില്ല കാരണം ഒരു വസ്തുവേ കാണുവാനുള്ളൂ എങ്ങോട്ട് നോക്കിയാലും ഉപനിഷത്ത് പറയുമേ ബ്രഹ്മപുരത്താത് ബ്രഹ്മദക്ഷിണത് ബ്രഹ്മ ഉത്തരത ബ്രഹ്മ ഊർധ്വം ബ്രഹ്മ അധോ ഇതോ ബ്രഹ്മമാണ് മുമ്പിൽ ബ്രഹ്മമാണ് പുറകിൽ ബ്രഹ്മമാണ് വലത്ത് ബ്രഹ്മമാണ് ഇടത്ത് ബ്രഹ്മമാണ് മുകളിൽ എന്തിനിങ്ങനെ പറയുന്നു സർവത്ര ബ്രഹ്മത്തെ അല്ലാതെ മറ്റൊന്നും കാണാനില്ല ശാസ്ത്രീയമായി വിചാരം ചെയ്തു ഉറപ്പിച്ച ഒരാൾക്ക് ബ്രഹ്മൈകമഹാബുദ്ധി വാശിഷ്ഠത്തിൽ വസിഷ്ഠൻ പറയും പോലെ അനേകം ആഭരണങ്ങൾ നിരന്നിരിക്കുന്നിടത്ത് അറിവുള്ള ഒരാൾക്ക് കനകൈകമഹാബുദ്ധി ഏതാഭരണത്തെ നോക്കിയാലും കനകൈകമഹാബുദ്ധി ഇതാണ് ലോകവ്യവഹാരത്തിൽ തന്നെ നിർവികൽപ്പ ബ്രഹ്മാനുഭവം നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് നിർവികൽപ്പ സമാധി എന്നൊക്കെ പറയുന്നത് കണ്ണും അടച്ച് ശ്വാസവും ശരീരത്തെ പോലും മറന്നിരിക്കുന്ന അതൊന്നുമല്ല അതാണ് അതിൻ്റെ സ്ഥാനത്ത് പക്ഷെ അതൊന്നുമല്ല പൂർണ്ണ ബ്രഹ്മനിഷ്ഠ ശാസ്ത്രത്തിൻ്റെ പൂർണ്ണ ബ്രഹ്മനിഷ്ഠ സർവത്ര ബ്രഹ്മദർശനം എന്നോട്ട് നോക്കിയാലും ഇത് നമുക്കൊക്കെ അല്പം ശ്രദ്ധയോടെ സത്യാന്വേഷണത്തിൽ ഗാഠമായ ആകാംക്ഷയോടെ പരിശീലിക്കുകയാണെങ്കിൽ എളുപ്പം സാധിക്കാം അതാണ് സന്തുഷ്ടരായി സമദൃഷ്ടികൾ എന്നുള്ള കാര്യം ഓർമ്മിക്കുക എല്ലാറ്റിലും ബ്രഹ്മദർശനമാണ് സമദർശനം സർവത്ര സമദർശന സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദ്വേഷഹീനമതികളായി രാഗവും ദ്വേഷവും ഒരിടത്തുമില്ല ഒരിടത്തും എവിടെയും ഈശ്വരദർശനം ജന്തുക്കളിൽ ദ്വേഷഹീനമതികളായി ഒരു ജന്തുവിനോടും ആരോടുമൊരു ദ്വേഷവുമില്ല ശാന്തരായി അങ്ങനെ നിന്നഫലിപ്പവ്രതമുള്ള സ്വന്തം അങ്ങെ എവിടെയും കണ്ട് അനുഭവിക്കുന്നവരുടെ ഹൃദയം സ്വന്തം നിനക്കു സുഖവാസമന്ദിരം അങ്ങനെയുള്ള ഹൃദയം അങ്ങക്ക് സുഖവാസമന്ദിരം ഉപനിഷത്ത് തന്നെ പറയുന്നത് എന്താ സർവം കലവിധം ബ്രഹ്മം ഈ കാണുന്നതൊക്കെ ബ്രഹ്മമാണ് പദ്യളാനീതി എന്ത് എന്താ അതിൽ ഉണ്ടെന്ന് തോന്നി അതിൽ നിലനിന്ന് അതിൽ ലയിക്കുന്നതാണ് ഈ കാണുന്നതൊക്കെ അതുകൊണ്ട് ശാന്ത ഉപാസീത ബഹളമൊന്നും കാണിക്കണ്ട ശബ്ദകൗലാഹാരങ്ങളൊന്നും ഉണ്ടാക്കണ്ട ശാന്തമായി ചുറ്റുപാടും ആ സത്യത്തെ തന്നെ കണ്ട് ആനന്ദിക്കൂ ഓ ശാന്തരായി നിന്നഭജിപ്പവർ തന്നുള്ള സ്വാന്തം ഹൃദയം നിനക്കു സുഖവാസുമതിരം നിത്യധർമ്മ അധർമ്മമെല്ലാം ഉപേക്ഷിച്ചു ഭക്യാഭവാനഭജിക്കുന്നവരുടെ അപ്പോ അത് ശരി സറി ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതാണ് കർമ്മങ്ങളിൽ ധർമ്മം അധർമ്മം അതെ പൂർണ്ണ ബ്രഹ്മനിഷ്ഠന് അങ്ങനെ ധർമ്മവും അധർമ്മവും ഒന്നുമില്ല എന്താ എല്ലാം ബ്രഹ്മമാണെങ്കിൽ പിന്നെ ഏതാ ധർമ്മം ഏതാ അധർമ്മം ധർമാധർമ്മങ്ങളൊക്കെ പൂർണ്ണമായ ശാസ്ത്രീയ സത്യം തെളിയാത്ത മനസ്സുകളുടെ സങ്കല്പവിഭാഗങ്ങളാണ് എല്ലാം അവിടെ അതിനൊന്നും കൃത്യമായ ഒരു നിയമവും ഒരിടത്തും ഇല്ലത്താനും ഒരാളിൻ്റെ ധർമ്മം വേറൊരാൾക്ക് തികച്ചും അധർമ്മം ഒരാളിൻ്റെ അധർമ്മം വേറൊരാൾ വേറൊരാൾക്ക് ധർമ്മം ഒരു രാജ്യത്ത് അധർമ്മം മറ്റൊരു രാജ്യത്ത് അധർമ്മം അവ പിന്നെ ഇതിനൊക്കെ എവിടെയാവെല്ലാം കൃഷ്ണൻ ഉദ്ധവരോട് പറയുന്നു ഭാഗവത്തിൽ ഗുണദോഷ ദൃശോഷോ ഉദ്ധവരെ ഗുണമെന്നും ദോഷമൊന്നും കാര്യങ്ങളെ വിഭജിക്കുന്നതാണ് ദോഷം എന്നുവെച്ചാൽ സത്യാനുഭവം മങ്ങിപ്പോവും മനസ്സിൻ്റെ സുഖമൊക്കെ പോവും പ്രയോജനം ഉണ്ടോട്ടില്ല താനും ഇതുകൊണ്ട് ലോകത്തെയൊക്കെ നന്നാക്കി ഞാൻ ധർമ്മമെന്ന് വിചാരിക്കുന്നതൊക്കെ നടപ്പാക്കി എനിക്കെന്തെങ്കിലും എന്തെങ്കിലും ജീവിതത്തിൽ സൗഖ്യം കണ്ടെത്താൻ കഴിയുമോ ഒരിക്കലും സാധിക്കില്ല എന്നു വിചാരി ചിഷ്ടം പോലെ ചെയ്യണമെന്നോ നടക്കണമെന്നോ ഒന്നുമല്ല ഈ പറയുന്നത് വ്യവഹാരതലത്തിൽ പറ്റുന്നത് പോലൊക്കെ ചെയ്യും പക്ഷേ കടുമ്പിടി ധർമ്മം അധർമ്മം അങ്ങനെ ഒന്നുമില്ല ഗുണദോഷദൃശ്യർ ദോഷോ ബുദ്ധവരെ ഗുണം ദോഷം എന്ന് കാര്യങ്ങളെ വിഭരിക്കുന്നതാണ് ദോഷം ഗുണസ്തു ഉഭയവർജിത ഗുണം രണ്ടും ഉപേക്ഷിച്ചിലാണ് ച്രഹ്മം മാത്രമേ ഉള്ളൂ ഇവിടെ ഗുണവുമില്ല ദോഷവുമില്ല ഒന്നുമില്ല അതാണ് ഇത ഇതൊക്കെ വായിച്ചാൽ ഓ അപ്പോൾ ഇങ്ങനെയൊക്കെയാണോ സാർ അതെങ്ങനെയൊക്കെയാണ് നിത്യ ധർമാധർമ്മം എല്ലാം ഉപേക്ഷിച്ച് നിത്യകർമ്മങ്ങൾ ധർമാധർമ്മങ്ങൾ നല്ലൊരു ബ്രഹ്മനിഷ്ഠന് വിശേഷിച്ച് നിത്യധർമ്മമൊന്നും ചെയ്യാനില്ല ധർമാധർമ്മങ്ങളൊന്നും കർശനമായിട്ട് ആചരിക്കാനില്ല നിത്യധർമ്മങ്ങൾ ഒക്കെ ആചരിക്കുന്നവർ അതിൽ വാസനാബദ്ധരായി ഒടുവിൽ കരയുകയാണ് നമുക്കൊക്കെ അറിയാവുന്ന ഏറ്റവും ഏറ്റവും ധർമ്മം ഗായത്രി ജപം നിത്യേന കൃത്യമായി അനുഷ്ഠിക്കുന്നു പലരെയും എനിക്കറിയാം ഒടുവിൽ വയസ്സായി കുളിക്കാൻ പറ്റുന്നില്ല കരയുകയാണ് പനിയായി എന്താ കാര്യം ഇന്ന് ഗായത്രി ജപിക്കാൻ പറ്റിയില്ല അതിലെന്താ ഇതുവരെ ജപിച്ചില്ലേ അവരെ കണ്ടു വാസനാബന്ധം ഗായത്രി ജപിച്ചില്ലെങ്കിൽ മഹാപാപമാണ് എന്ന് തീരുമാനിച്ചു വെച്ചിരിക്കുകയാണെ ഗായത്രി ജപവും ബ്രഹ്മം എന്ന് വെച്ച് ഗായത്രി ജപിക്കണ്ടെന്നോ ഒന്നുമല്ല ഇതിനർത്ഥം പറ്റുമ്പോഴൊക്കെ ജപിക്കുക പറ്റാത്തപ്പോൾ ജപിക്കുന്നില്ല സർവം ബ്രഹ്മമയം ചുറ്റുപാടുകളും ശരീരവും ഗായത്രി ജപിക്കാൻ അനുവദിക്കുന്നില്ലെങ്കിൽ വേണ്ടേ വേണ്ട സർവത്ര ഈശ്വരൻ മാത്രം ഈശ്വരനെ അറിയാനല്ലേ ഗായത്രി ജപിക്കുന്നത് അല്ലാതെ അതൊരു വാസനയാക്കി വെച്ച് ഒടുവിൽ കരയാനാണോ ഗായത്രി ജപിക്കുന്നത് ഇങ്ങനെയാണ് ധർമാധർമ്മങ്ങളിലുള്ള കടും പിടിത്തം മനുഷ്യ ജീവിതത്തെ നരകത്തിൽ നിത്യധർമാധർമ്മം എല്ലാം ഉപേക്ഷിച്ച് ഭക്തി ഭവാന ഭജിക്കുന്നവരുടെ ഭക്തി എന്താ ഭക്തി ഗീതയിൽ ഭഗവാൻ പറയുന്നു ബ്രഹ്മഭൂത പ്രസന്നാത്മാ ഒരാൾ ബ്രഹ്മവിചാരം ചെയ്ത് ചെയ്ത് ബ്രഹ്മമായി ഭവിച്ചു പ്രസന്നാത്മാ എപ്പോഴും സന്തോഷം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സന്തുഷ്ടരായി എപ്പോഴും സന്തോഷം നശോചത്തി നക്ഷത്തി ദുഃഖിക്കുന്നില്ല ഒന്നും ആഗ്രഹിക്കുന്നുമില്ല സമസർവേഷു ഭൂതേഷു സമദൃഷ്ടി എവിടെയും മത്ഭക്തി ലഭത്തെ പരാം അപ്പോഴാണ് യഥാർത്ഥ ഭക്തി ഒരാൾക്ക് വന്നു എവിടെയും ഈശ്വരനെ കാണുന്നതല്ലേ ഭക്തിയുടെ പാരമ്യം അതോ ഏതെങ്കിലും ഒരു ചെറിയ സ്ഥലത്ത് ഭഗവാനെ അങ്ങോട്ട് ഊക്കി വച്ചിട്ട് അവിടെ മാത്രം ഭഗവാനെ കാണാൻ യത്നിക്കുന്നതാണോ ഭക്തി നിത്യധർമാധർമ്മമെല്ലാം ഉപേക്ഷിച്ചു ഭക്തിയാണ് ഈ പറയുന്ന ഭക്തിയോടുകൂടി ഗീതയും മറ്റും നമുക്ക് പറഞ്ഞു തരുന്ന ആ ഭക്തിയോടുകൂടി ഭവാനഭജിക്കുന്നവരുടെ ചിത്തസരോജം അവരുടെ ഹൃദയപത്മം ഭവാനിരുന്നേടുവാൻ ഉത്തമമായി വിളങ്ങിയിടുന്ന മന്ദിരം നിത്യവും നിന്ന ശരണമായി പ്രാപിച്ച് ഭഗവാനമാത്രം ശരണം സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണംജ എന്നല്ലേ കൃഷ്ണ അർജുനനോട് പറയുന്നത് നിത്യവും നിന്നശരണമായി പ്രാവിച്ച് എന്തിനും എപ്പോഴും ഇവിടെ പല സംഭവങ്ങളും മാറി വരാം ചിലപ്പോൾ ദുഃഖമെന്ന് തോന്നുന്നത് വരാം സുഖമെന്ന് തോന്നുന്നത് വരാം പക്ഷെ അതൊക്കെ വിട്ടിരിക്കുന്നു എന്താ അനന്യശ്ചിന്ത എന്തോമാം അന്യവസ്തുയില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് ആരെ എന്നെ ചിന്തിക്കുന്നുവോ അവരുടെ യോഗക്ഷേമം ഞാൻ നോക്കും എന്നല്ലേ ഭഗവാൻ ഗീതയിൽ പ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് നിത്യവും നിന്നെ ശരണമായി പ്രഭാവിച്ചു നിർദ്വന്ദ്വരായി ഈ വാക്കുകളൊക്കെ ഓർമ്മിക്കുക ഇതൊക്കെ നമുക്ക് ഉള്ളിൽ ശ്രദ്ധയോടുകൂടി ഒന്ന് സത്യം സ്മരിച്ചാൽ ഇതൊക്കെ നടപ്പാക്കാം നിർദ്വന്ദ്വരായി നിസ്പൃഹരായി വിശേഷിച്ചാഗ്രഹമൊന്നുമില്ല എന്താ നല്ല സുഖം എപ്പോഴും നല്ല സുഖം ഇനിയിപ്പോൾ പുതിയ ഒരാഗ്രഹം ഉണ്ടാക്കി അത് സാധിച്ചിട്ട് സുഖിക്കണമെന്നില്ല നിർദ്വന്ദ്രായി നിസ്പൃഹരായി നിരീഹരായി വിശേഷിച്ചാഗ്രഹമൊന്നുമില്ല മന്ത്രജാപകരായുള്ള രാമരാമ മന്ത്രം കൂടെ കൂടെ ഓർമ്മിക്കുക അല്ലെങ്കിൽ ശിവമന്ത്രം എല്ലാം ബ്രഹ്മവാചകം ബ്രഹ്മവാചകം പറയുന്നതും കേൾക്കുന്നതും ഒക്കെ ബ്രഹ്മം നിൻ മന്ത്രജാപകരായുള്ള മാനുഷൻ മനപ്പങ്കജം തേ സുഖവാസമന്തിരം അങ്ങനെയുള്ളവരുടെ ആ മനസ്സാകുന്ന താമരയിൽ അല്ലോ സീതയും ഒരുമിച്ചങ്ങ് വസിച്ചരുളുക ശാന്തന്മാരായി നിരഹങ്കാരികളുമായി ഒന്നിലും അഹങ്കാരനില്ല ഞാൻ ചെയ്യുന്നുവെന്നോ എന്നെ ബഹുമാനിച്ചു എന്നോ ബഹുമാനിക്കുന്നില്ല എന്നോ അങ്ങനെയൊന്നുമില്ല എല്ലാം ഈശ്വരമയം ഈശാവാസനിതം സർവം ശാന്തന്മാരായി നിരഹങ്കാരികളുമായി ശാന്തരാഗദ്വേഷമാനസന്മാരുമായി നമ്മളെന്നും പറയാറുള്ള രാഗദ്വേഷങ്ങൾ ഉപേക്ഷിക്കുക ലോഷ്ടാശ്മന തുല്യമതികളാം ശ്രേഷ്ഠമതികൾ മനസ്തവമന്തിരം ലോഷ്ടാശ്മഞ്ചനം വറും ഓട് കല്ലപ്പാറ സ്വർണം എല്ലാം തുല്യം ഗുണാതീത സ്ഥിതി വർണ്ണിക്കും ഭഗവാൻ ഗീതയിൽ പതിനാലാം അധ്യായത്തിൽ ലോഷ്ടാശ്മന തുല്യമതികളായി അവിടെ എടുത്ത് പറയുന്നുണ്ട് ലോഷ്ടംഘട്ട അശ്മം കല്ല് കാഞ്ചനം സ്വർണം ഒക്കെ തുല്യം ലോഷ്ടാശ്മന തുല്യമതികളാണ് ശ്രേഷ്ഠമതികൾ മനസ്തവ മുന്തിരം അങ്ങനെയുള്ള ശ്രേഷ്ഠമതികൾ അങ്ങയുടെ അങ്ങയ്ക്കിരിക്കാൻ സീതയും ഒരുമിച്ചിരിക്കാൻ പറ്റിയ സ്ഥലമാണ് നിങ്ങൾ സമസ്തകർമ്മങ്ങൾ സമർപ്പിച്ച് എന്ത് കർമ്മമായാലും ശരി ഈശ്വരർ പൂജ യോഷി യഥനാസി യജ്ജുഘോഷി ദദാസിപശന്ത തത്കുരുഷം അതർപ്പണം ശരീരം കൊണ്ട് എങ്ങനെ ചലിച്ചോ അതൊക്കെ ഈശ്വര പൂജ അത് ഉറപ്പ് വന്നാൽ പിന്നെ ഈശ്വരന് വേണ്ടി പ്രത്യേക പൂജയൊന്നും ചെയ്യേണ്ട ഒരു കാര്യവുമില്ല ശരീരത്തിൻ്റെ ഏത് ചലനവും ജപോ അൽപ്പഹ പറയുന്ന പരദൂഷണം ചെയ്യുന്ന ആ ശബ്ദങ്ങൾ പോലും ചിലപ്പോൾ അങ്ങനെയൊക്കെ വേണ്ടിവരാം വ്യവഹാരത്തിൽ അതൊന്നും കൂടാതെ കഴിഞ്ഞെന്നവരില്ല അതൊക്കെ ഭഗവന്നാമജപം യാതൊന്നു കേട്ടതത്തു നാരായണ ശ്രുതികൾ നിങ്ങൾ സമസ്തകർമ്മങ്ങൾ സമർപ്പിച്ചു അങ്ങനെ എല്ലാ കർമ്മങ്ങളും നമ്മളൊക്കെ ചൊല്ലാറുണ്ട് യത് കർമ്മകരോമി തത്തത് അഖിലം സംഭവോ തവാരാധനം നിങ്ങൾ സമസ്തകർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്ങളെ ദത്തമായോ ഒരു മനസ്സുകളും അതെ അപരോക്ഷാനുഭൂതിയിൽ ശ്രീശങ്കരൻ പറയും പോലെ മനസ്സ് എവിടെ ചെന്ന് പറ്റുന്നു അവിടെ ബ്രഹ്മത്തെ കാണുക മനസ്സ് പലയിടത്തും ഇങ്ങനെ ചെന്ന് പറ്റിയെന്ന് വരും അവിടെയൊക്കെ ബ്രഹ്മത്തെ കാണുക ദത്തമായോ ഒരു മനസ്സോടും സന്തുഷ്ടരായി മരുകുന്നവർ മാനസം സന്തതം തേ സുഖവാസായ മന്ദിരം അങ്ങനെയിരിക്കുന്നവരുടെ മനസ്സ് അലയോരാമ സീതയോടൊപ്പം അങ്ങേക്ക് താമസിക്കാനുള്ള ഉത്തമ സ്ഥലമാണ് ഇഷ്ടം ലഭിച്ചിട്ടു സന്തോഷമില്ലോട്ടും ഇഷ്ടേതരാപ്തിക്കനുതാപവുമില്ല സർവവും മായേത് നിശ്ചിത്യവാഴുന്ന ദിവ്യമനസ്തവ വസായമന്തിരം ഇഷ്ടം ലഭിച്ചിട്ടു സന്തോഷമില്ലോട്ടും ഒരിഷ്ടം ലഭിച്ചു അവതും വേണമെന്നോ വേണ്ടെന്നോ ഒന്നുമല്ല ഇവിടെ പറയുന്നത് നിയമേന ഇഷ്ടം തന്നെ ഒരാൾക്ക് സംഭവിച്ചോളണം എന്നിവിടെ ഒരു ചക്രവർത്തിയുടെ നിയമമില്ല ഇപ്പോൾ ഇഷ്ടമാണെങ്കിൽ അടുത്ത നിമിഷം അനിഷ്ടം വരാം ഇപ്പോൾ ലാഭമാണെങ്കിൽ അടുത്ത നിമിഷം നഷ്ടം വരാം ഇപ്പം മാനമാണെങ്കിൽ അടുത്ത നിമിഷം അപമാനം വരാം മാനാപമാനയോസ്തുല്യ തുല്യോ മിത്രാരിപക്ഷയോ ശത്രുവും മിത്രവും തുല്യം അതുകൊണ്ട് ഇഷ്ടം വരട്ടെ സന്തോഷം അടുത്ത നിമിഷം അനിഷ്ടമാണ് വന്നത് ഈ ബ്രഹ്മം ഈശ്വര ഇച്ഛയെന്നുപോലുമല്ല ശരിക്കും സത്യത്തെ അറിയുന്ന ഒരാൾക്ക് ഈശ്വര ഇച്ഛയല്ല ഈശ്വരൻ തന്നെ എല്ലാം ഈശ്വരൻ ഇഷ്ടം ലഭിച്ചിട്ടും സന്തോഷമില്ലട്ടും ഇഷ്ടേരാപ്തിക്ക് അനുതാപവുമില്ല എന്ന കാര്യം നമ്മൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച ചെയ്തില്ലേ സർവവും മായേ ദിനിത്യവാഴ്ന്നയടൊന്നുമില്ല പരമാർത്ഥത്തിൽ അന്തിമമായി ഇവിടെ ബ്രഹ്മമല്ലാതെ രണ്ടാമത്തെ ലേശം പോലും ഒരു വസ്തുല്ല ഇതാണ് ഉപനിഷത്തിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകാനൊക്കെ ഇല്ല കാണുന്നുണ്ടെങ്കിൽ അത് മരുഭൂമിയിൽ കാനൽ ജലം കാണും പോലെ കാണുന്നു അല്ലെങ്കിൽ കയറിൽ സർപ്പം കാണുന്നത് പോലെ കാണുമ്പോൾ അതല്ലാതെ അവയ്ക്കൊന്നും പുതുതായി യാതൊരു വസ്തുശക്തിയുമില്ല അവയുമൊക്കെ ഭ്രമം കാണുന്ന ഭ്രമമെല്ലാം വസ്തു സർവവും മായേ നിശ്ചിച്ച് വാഴുന്നതൊക്കെ വെറുതെ വായിച്ച് കളയരുത് ഇതൊക്കെ പെട്ടെന്ന് ഒരു പക്ഷേ നമുക്ക് നടപ്പാക്കാൻ പറ്റില്ല എന്ന് വരാം എങ്കിലും ഇത്തരം രാമായണ ഭാഗങ്ങൾ വായിച്ച് ശ്രമിച്ചു നോക്കുക ഈ തത്ത്വ ഉൾക്കൊണ്ട് ഇതൊക്കെ മായ ജഗന്മിഥ്യ ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജഗത്തില്ലേ ഇല്ല യാതൊരു സംശയവും വേണ്ട അങ്ങനെ ഇല്ലാത്ത ജഗത്തിനെ കണ്ടിട്ടാണ് അതിലൊക്കെ കേറി ഇതെനിക്കിഷ്ടം അത് എനിക്കനിഷ്ടം എന്ന് പറഞ്ഞ് രാപകൽ രാഗദ്വേഷ കലുഷരായി യാണ് ചക്രവർത്തിമാർ പോലും അതുകൊണ്ട് ഇത് സിംപ്ലി വളരെ ലളിതമാണ് ഈ സത്യം ഇത് വലിയ ആളൊക്കെ നടപ്പാക്കാനൊക്കെ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല ആഗ്രഹിക്കുന്ന ആർക്കും ഇത് ക്രമേണം നടപ്പാക്കാൻ ബുദ്ധിമുട്ടില്ല സർവവും മായേ നിശ്ചിത്യവാഴുന്ന ദിവ്യമനസ്തവവാസായ മന്തിരം അങ്ങനെയുള്ളവരുടെ ദിവ്യമായ മനസ്സ് അങ്ങേക്ക് താമസിക്കാൻ പറ്റിയിടും ഷഡ്ഭാവ ഭേദ വികാരങ്ങളൊക്കെയും ഉൾപൂവിലോർക്കിലോ ദേഹത്തിനേയുള്ളു ഷഡ്ഭാവ വികാരങ്ങൾ വന്നു ചേരുന്ന വികാരങ്ങളാണ് ആറ് വികാരങ്ങൾ ജായത്തെ അസ്ഥി വിപരിണമത്തെ വർദ്ധത്തെ ക്ഷീയത്തെ നശ്യത്തി ഇത്രയുമാണ് ആറ് ജഡവികാരങ്ങൾ ഉണ്ടാകുന്നതായി തോന്നുന്നു അന്നുമുതൽ നിലനിൽക്കുന്നതായി തോന്നുന്നു തുടർന്ന് പലതരം പരിണാമങ്ങൾ സംഭവിക്കുന്നു എന്നിട്ടത് വളരുന്നു ഒടുവിൽ ക്ഷയിക്കുന്നു നശിക്കുന്നു ഇതാണ് ആറ് ജഡവികാരങ്ങൾ ഈ ജഡവികാരങ്ങൾ തന്നെ ജഡത്തിൽ നിന്നും കാര്യമായ സുഖം ഒരിക്കലും കിട്ടില്ല എന്ന് തീർച്ചപ്പെടുത്തി കൂടെ നമ്മുടെ ശരീരവും ജഡമാണ് ആ ജഡത്തിലിരുന്ന് നിയന്തരം നിരന്തരം ഞാനുണ്ട് ഉണ്ട് എന്നനുഭവിക്കുന്ന ബോധം ഒരിക്കലും ഈ ആറുതരം വികാരങ്ങൾ കോശപ്പെടുന്നില്ല ജനിക്കുമ്പോഴുള്ള ബോധം തന്നെയാണ് മരിക്കുമ്പോഴും അതിന് പരിണാമമോ വർധനവോ ക്ഷയമോ ഒന്നും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് ഷഡ്ഭാവ ഭേദവികാരങ്ങളൊക്കെയും ആറുതരം ഭേദവികാരങ്ങളൊക്കെയും ഉൾപ്പൂവിൽ ഓർക്കിലോ ദേഹത്തിനേ ഉള്ളു ദേഹത്തിനെന്ന് പറഞ്ഞാൽ ജഡത്തിന് ജഡത്തിന് ക്ഷേത്രം ഈ ദേഹത്തെ തന്നെയാണ് ഗീത പതിമൂന്നാം അധ്യായത്തിൽ ക്ഷേത്രം എന്ന് പറയുന്നത് ക്ഷേത്രവും ക്ഷേത്രജ്ഞനും ക്ഷേത്രം ജഡം ക്ഷേത്രജ്ഞൻ ബോധം ക്ഷേത്ര ക്ഷേത്രജ്ഞയോർജ്ഞാനം യജ്ഞാനം മതം മമ എന്നാണ് അവിടെ ഭഗവാൻ അർജുനനോട് പറയുന്നത് അർജുന ക്ഷേത്രത്തിൻ്റെയും ക്ഷേത്രജ്ഞന്റെയും അറിവ് അതാണ് എന്നെക്കുറിച്ചുള്ള അറിവ് എന്താ ക്ഷേത്രത്തെക്കുറിച്ചുള്ള അറിവ് അതാണ് ജഗൻ മിഥ്യ ജഗത്ത് മുഴുവൻ ക്ഷേത്രമാണ് ജഡമാണ് ക്ഷേത്രജ്ഞനെക്കുറിച്ചുള്ള അറിവോ ബ്രഹ്മസത്യം ബ്രഹ്മസത്യം ജടം മിഥ്യ ഷഡ്ഭാവഭേദ വികാരങ്ങളൊക്കെയും ഉൾപൂവിലൊറുക്കിലോ ദേഹത്തിനേയുള്ളു ക്ഷുദ്രഭയസുഖദുഃഖാദിസർവവും ചിത്തെ വിചാരിക്കിലത്മാവിനില്ലേക്കും ദേഹം എന്ന് നാം വിചാരിച്ചു കഴിഞ്ഞുകൂടുന്നിടത്തോളം നമുക്ക് ദാഹം വിശപ്പ് ഭയം ഇതൊക്കെ ഉണ്ടാവും സ്വാഭാവികം എങ്കിലും ഈ കാര്യം മനസ്സിലാക്കി കൊടുക്കാം ഇപ്പം ദേഹമാണോ അത് വാർധക്യം വന്നു അപ്പോൾ മരിക്കാൻ പോകുന്നു അപ്പോഴും ആ ദേഹത്തെ ചൊല്ലി ഒട്ടേറെ ഭയം ഏത് നിഷവും നഷ്ടമാകാം അങ്ങനെയുള്ള ദേഹത്തെ ചൊല്ലി ുള്ളിൽ ഭയം തോന്നിയാൽ പോലും ഓർമ്മിക്കുക ദേഹമുള്ളതുകൊണ്ടാണ് ഈ ഭയം ആത്മാവിന് ഈ ഭയത്തിന്റെ ഒരു പ്രശ്നവുമില്ല അത് ജനിച്ചതല്ല ഷഡ്ഭാവങ്ങൾ ആത്മാവിനില്ല പിന്നെ എന്തിനാണ് ഭയപ്പെടുന്നത് ക്ഷുതൃഭയ സുഖദുഃഖാദി സർവവും ക്ഷുത്ത് വിശപ്പ് തൃപ്താഹം ഭയം സുഖം ദുഃഖം ഇവയൊക്കെയും ക്ഷുത്രഭയ സുഖദുഃഖാദി സർവവും ചിത്തെ വിചാരിക്കൽ ആത്മാവിനില്ലേതും ആത്മാവ് നിത്യാനന്ദസ്വരൂപം നമ്മുടെ ഉള്ളിൽ അത് ശരീരത്തിന് വന്നു ചേരുന്ന രോഗമൊന്നും തീർച്ചയായും നമ്മൾ ദുഃഖിപ്പിക്കുകയില്ല രമണകർഷിയെ പോലെയുള്ള ആളുകൾക്ക് ക്യാൻസർ വന്നിട്ട് അദ്ദേഹം ക്യാൻസർ ഓപ്പറേറ്റ് ചെയ്യണോ ചെയ്തോളൂ ഇഷ്ടംപോലെ ചെയ്യുള്ളൂ എനിക്ക് ക്യാൻസർ ഒന്നുമില്ല ശ്രീരാമകൃഷ്ണദേവനോട് തൊണ്ടയിൽ ക്യാൻസർ ആകെ ശരീരം വിട്ടുപോകുമെന്ന സ്ഥിതിയായി അപ്പോൾ നരേന്ദ്രനും മറ്റു പല ശിഷ്യന്മാരും കൂടെ പോയി അപേക്ഷിച്ചു കുറച്ച് നാളുകൂടെ അങ്ങ് ഞങ്ങളോടൊപ്പം ഉണ്ടാകണം അമ്മയോടൊന്ന് ചോദിക്കണം അതനുവദിക്കുമോ എന്ന് ശ്രീരാമകൃഷ്ണൻ അമ്മയോട് ചോദിച്ചു എന്നാണ് കുറച്ചുനേരം അവനും അവലംബിച്ചിരുന്നിട്ട് തിരിച്ചുവന്ന് അവരോട് പറഞ്ഞു വിക്ഷികളെ നിങ്ങളെന്നെ കുഴപ്പത്തിലാക്കാൻ ശ്രമിക്കുകയാണ് അരോഗദൃഢ ദൃഢങ്ങളായ കോടിക്കണക്കിന് ശരീരങ്ങൾ എനിക്ക് താമസിക്കാൻ ഈ ഭൂമണ്ഡലത്തിലുള്ളപ്പോൾ ഈ ചീഞ്ഞളിയുന്ന ശരീരത്തിൽ ജഡത്തിൽ ഞാൻ ഇനിയും ജീവിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത് ഇതാണോ എന്നോടുള്ള സ്നേഹം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം ക്ഷുത്രഭയ സുഖദുഃഖാദി സർവവും ചിത്തെ വിചാരിക്കലാത്മാവിനില്ലേതും ഈ കാര്യം ധരിക്കുകയെങ്കിലും ചെയ്താൽ നമ്മളിങ്ങനെ കിടന്ന് സോ ശരീരത്തിനൊരു ഒരു വേദന ഒരു രോഗം വന്നും കരയുകയും പടയുകയും ഒന്നും ചെയ്യില്ല തീർച്ചയായും രോഗമുണ്ട് കുറച്ച് വേദനയൊക്കെ ഉണ്ട് സാരമില്ല ശരീരത്തിനാണത് ശ്രീനാരായണ ഗുരുദേവനോട് ആരോട് ചോദിച്ചു അങ്ങക്കെന്താ ഇത്ര വേദന അദ്ദേഹം മറുപടി പറഞ്ഞത് എനിക്കല്ല ശരീരമല്ലേ ശരീരം എന്ന് വെച്ചാൽ ജീർണിക്കുന്നത് എന്നാണ് ആ ശബ്ദത്തിന് തന്നെ അർത്ഥം ജീർണിക്കുന്ന വസ്തു അതിൽ തന്നെ ഇങ്ങനെയൊക്കെ പലതും സംഭവിക്കും ആര് വിചാരിച്ചാലും അത് മാറ്റാനും നോക്കില്ല നമുക്ക് നമ്മുടെ ക്യാൻസർ സെന്ററിലൊക്കെ പോയി നോക്കുക ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് ഒരു കൈയും കണക്കുമില്ല അതൊന്നും അനുഭവിക്കേണ്ടെന്നോ ഒന്നും അല്ല കഴിയുന്നതും അവർ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുക ശുത്രുഭയ സുഖദുഃഖാദി സർവവും ചിത്തയെ വിചാരിക്കൽ ആത്മാവിനില്ലേതും യുദ്ധം ഉറച്ചു ഭജിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം ഇത് തീരുമാനിച്ചുകൊണ്ട് സർവം ഈശ്വരമയൻ ശരീരത്തിന് കേടുപാടുകൾ വരുന്നെങ്കിൽ വരട്ടെ കുറച്ച് വേദന ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ അല്പമയ്യോ എന്നൊക്കെ വിളിക്കുന്നെങ്കിൽ വിളിച്ചോട്ടെ പക്ഷേ അതൊന്നും എന്നെ ബാധിക്കുന്നില്ല കാരണം ഞാൻ ഈ ശരീരമല്ല എന്ന ഉറപ്പോടുകൂടി ആര് കഴിഞ്ഞുകൂടുന്നുവോ അവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം യാതുരുത്തൻഭവന്തം പരം ചിഖനം വേദസ്വരൂപം അനന്തം സദം വേദാന്തവേദ്യവാദ്യം ജഗത്കാരണം നാദാന്തരൂപം പരബ്രഹ്മമച്യുതം സാക്ഷാൽ ബ്രഹ്മത്തിൻ്റെ മനോഹരമായ നാമമുച്ചരിക്കാൻ തുടങ്ങിയപ്പോ എഴുത്തച്ഛൻ സ്വയം മറന്നുപോവുകയാണ് അത്ര ഗംഭീരമായ വാക്കുകളാണ് യാതൊരുത്തൻ ഭവന്തം പരം ചിത്ഖനം അങ്ങേ ആരാണങ്ങ് ചിത്ഖനം ബോധം ഖനീഭവിച്ച വസ്തു ചിത്ഖനം വേദാന്തരൂപൻ ഈ സത്യം വെളിപ്പെടുത്തി തന്നിട്ടുള്ള ശാസ്ത്രങ്ങൾ ഉപനിഷത്തുക്കളാണ് അതുതന്നെ പലരും ശ്രദ്ധിക്കുന്നില്ല ഉപനിഷത്ത് ഈ ജഗത്തുണ്ടായ കാലത്ത് തന്നെ ഈ സത്യവും വെളിപ്പെടുത്തി വേദങ്ങളുടെ ഭാഗങ്ങളെന്ന നിലയിൽ അപ്പോ ജഗത്തിൻ്റെ തോന്നലുള്ളപ്പോൾ തന്നെ ജഗത്തിൻ്റെ സത്യവും ശാസ്ത്രീയമായി വെളിപ്പെട്ടിട്ടുണ്ട് ഉപനിഷത് സത്യം പഠിക്കുന്ന ഒരാൾക്ക് സത്യത്തിൻ്റെ ബ്രഹ്മസത്യത്തിൻ്റെ ശാസ്ത്രീയത ദിവസം ചെല്ലുന്നവറും ഉറച്ചുറച്ച് ബോധ്യപ്പെടുകയാണ് അനുഭവത്തിലും അതെ ബുദ്ധിയിലും അതെ പക്ഷെ ആരായി ഉപനിഷത്ത് പഠിക്കാൻ കൂട്ടാക്കുന്നത് ഉപനിഷത്ത് പഠിക്കാൻ ആളുകൾ കൂട്ടാക്കില്ല എന്ന് കരുതിയാണ് കാരുണ്യനിധികളായ ഋഷിമാർ നമുക്ക് കുറേ കഥകളുമൊക്കെ കൂട്ടിച്ചേർത്ത് ഭാഗവതവും രാമായണവും ഒക്കെ രചിച്ചു തന്നത് അത് ആരോട് പറഞ്ഞതുപോലെ കഠിനമായ രോഗം അല്പം കയ്പുള്ള മരുന്ന് കഴിച്ചേ സ്വല്പം കയ്പ്പന്ന് തോന്നുന്ന മരുന്ന് കഴിച്ച് രോഗം മാറും പക്ഷെ കയ്പുള്ള മരുന്ന് രോഗി കഴിക്കില്ല കുറച്ച് പഞ്ചസാരയിൽ പൊതിഞ്ഞ് കൊടുത്തു രോഗി അതിനേക്കാൾ മിടുക്കൻ പഞ്ചസാര കഴിച്ചുണ്ട് പക്ഷേ ആ ഭാഗം വരുമ്പോൾ തുപ്പിക്കളയാണ് ചെയ്യുന്നത് എവിടെ രോഗം മാറാനാണ് ആ പഞ്ചസാര ചെന്ന് രോഗം മൂർച്ഛിക്കും അല്ലാതെ വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല പഞ്ചസാരയോടൊപ്പം അല്പം കൈപ്പൊള്ള ആ ഗുളിയേയും കൂടെ കഴിക്കാൻ തയ്യാറുണ്ടെങ്കിൽ രക്ഷപ്പെടും അതുപോലെ ഭാഗവതവും രാമായണവും ഒക്കെ വായിക്കുമ്പോൾ വെറുതെ വായിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് പോകുന്നതിൽ ഭേദം ഉപനിഷത്തത്വങ്ങൾ ഇതാ ഇതിൽ ഈ ഭാഗമൊക്കെ പൂർണമായും ഉപനിഷത്തത്വമാണ് എഴുത്തച്ഛൻ നമുക്ക് വിവരിച്ചു തരുന്നത് ആ ഉപനിഷത്തത്വങ്ങളിൽ നമ്മൾ ശ്രദ്ധയോടെ പതിച്ച് പഠിച്ച് മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ അധ്യാത്മരാമായണം ജീവിതകാലം മുഴുക്കം വായിച്ചു എന്താ വിശേഷം വലിയ വിശേഷമൊന്നും ഉണ്ടാവില്ല യാതൊരുത്തൻ ഭവന്തം പരഞ്ചിഖനം വേദസ്വരൂപം ം വേദസ്വരൂപം അറിവ് വേദംന്ന് വെച്ചാൽ അറിവെന്നാണ് അർത്ഥം അറിവാണെന്ന് ഇവിടെ സ്വരൂപം അറിവെന്നുവെച്ചാൽ ബോധം അറിവ് എന്ന മലയാള പദത്തിനർത്ഥം ബോധമെന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ തന്റെ കൃതികളിൽ ബ്രഹ്മത്തിന്റെ പര്യായമായി മിക്കവാറും അറിവ് എന്ന പദമാണ് ഉപയോഗിക്കുക അറിവെന്നൊരു കൃതി തന്നെ അദ്ദേഹം പ്രത്യേകം ജയിച്ചിട്ടുണ്ട് അങ്ങനെ യാതൊരു തൻഭവന്തം പരം ചിത്ഖനം വേദസ്വരൂപം അറിവ് സ്വരൂപമായിട്ടുള്ളവൻ ബോധം അനന്തം ഏകം സത്തം അനന്തം ഏകം ആദ്യന്തരഹിതം ഒന്നേ ഒന്ന് സതാം ഏകം ആ സത്തിനെ സാക്ഷാത്കരിച്ച ആളുകൾക്ക് ഏകം അങ്ങ് മാത്രമേ ഉള്ളൂ രണ്ടാമത് ത്താം വേദാന്ത വേദ്യം ആണ് ഉപനിഷത്ത് ഉപനിഷത്തിൽ കൂടി അറിയപ്പെടേണ്ടവനാണങ്ങ് വേദാന്തവേദ്യം ജഗത്കാരണം ജഗത്തായി കാണുന്ന ഈ ദൃശ്യ അനന്തകോടി ദൃശ്യങ്ങൾക്ക് പരമകാരണം അങ്ങ് മാത്രം വേറെ ഒരു കാരണമൂടെ ഇല്ല അങ്ങയിൽ കാണുന്ന വെറും കാഴ്ചകളാണ് നാമരൂപ ദൃശ്യങ്ങളാണ് അനന്തകോടി ദൃശ്യങ്ങൾ ഉൾപ്പെട്ട ഈ പ്രപഞ്ചൻ വേദാന്തവേദ്യം ആദ്യം ആദ്യമുണ്ടായിരുന്നത് സദൈവസൗമ്യ ഇതം അഗ്രേ നാമരൂപങ്ങൾ തെളിയുന്നതിനു മുൻപ് ആദ്യം എന്തുണ്ടായിരുന്നു ഉണ്മ സ്വരൂപമായിട്ടുള്ള ഭഗവാൻ ബ്രഹ്മം ബോധം മാത്രം ഭാഗവതം പറയും അഹമേവ അസമേവ അഗ്രേ ബ്രഹ്മാവിനോട് ഭഗവാൻ സതുശ്ലോകീ ഭാഗവതം ഉപദേശിക്കുകയാണ് ഞാൻ മാത്രം അഹമേവ ഞാൻ മാത്രം ആസമേവ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അഗ്രേ ആരംഭത്തിൽ നാന്യജ സദസത്പരം സത്തായോ അസത്തായോ മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല വേദാന്തവേദ്യം ആദ്യം ജഗത്കാരണം നാദാന്തരൂപം പരബ്രഹ്മമച്യുതം നാദാന്തം ശബ്ദത്തിൻ്റെ ഉറവിടം ശബ്ദം എവിടെ പോയി അവസാനിക്കും ബ്രഹ്മത്തിൽ ബോധത്തിൽ ബോധത്തിൽ നിന്നാണ് ധ്വനി ശബ്ദരൂപത്തിൽ ആദ്യം പൊന്തുന്നത് അതാണ് ഈ ശബ്ദത്തിലൂടെ ബോധത്തെ സാക്ഷാത്കരിക്കാൻ നാമജപം പ്രണവോപാസന ഓം എന്ന് നീട്ടി ഉച്ചരിച്ചാൽ പ്രണവം ഉച്ചരിച്ച് ഒടുങ്ങുന്നത് ഓം എന്നുള്ള ധ്വനി ഒടുങ്ങുന്ന നാദാന്തം ആ നാദം അവസാനിക്കുന്നത് ബ്രഹ്മത്തിലാണ് ബോധത്തിൽ അത് വേണ്ടവണ്ണം പ്രണവം ഉച്ചരിച്ച് ഉപാസിക്കുന്നവർക്ക് വ്യക്തമായി ബോധ്യപ്പെടുന്നു രൂപം പരബ്രഹ്മമച്യുതം ലോകത്തിൻ്റെ പരമകാരണം അച്യുത്തം അങ്ങയുടെ സ്വരൂപത്തിൽ നിന്നും ഒരിക്കലും അങ്ങ് താഴോട്ടു പോരുന്നില്ല അവതാരവും ഒന്നും അവിടെ പ്രശ്നമല്ല വേദാന്തവൈദ്യം ആദ്യം ജഗത്കാരണം നാദാന്തരൂപം പരബ്രഹ്മമച്യുതം സർവഗുഹാശയസ്തം സകലരുടെ അതാണേ അങ്ങനെ ഓ അങ്ങനെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഈ ഭഗവാനെയൊക്കെ എങ്ങനെയാണ് നമ്മൾ സാക്ഷാത്കരിക്കുക പേടിക്കേണ്ട സർവഗുഹാശയസ്തം സകലരുടെ ഉള്ളിലും ഞാൻ ഞാനുണ്ട് ഞാനുണ്ട് എന്നിങ്ങനെ ആ സത്യം പ്രകാശിക്കുന്നു ബ്രഹ്മസൂത്രത്തിൻ്റെ ആരംഭത്തിൽ ഈ ബ്രഹ്മത്തെ ആർക്കെങ്കിലും അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ എന്ന ചോദ്യം ഉന്നയിച്ചിട്ട് ആചാര്യസ്വാമികൾ പറയുന്നു സകലരും സദാ വ്യക്തമായി അനുഭവിക്കുന്നു എന്താ അഹം പ്രത്യയ വിഷയത്വാ ഞാൻ ഞാൻ ഞാൻ എന്നനുഭവിക്കുന്നത് ഞാനുണ്ട് എന്നനുഭവിക്കുന്നത് പിന്നെ എന്തിനെയാണ് നമുക്ക് നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം ഞാൻ ഞാനുണ്ട് എന്തായി ഞാൻ ബോധം ഉണ്ട് എന്നനുഭവിക്കുന്ന ബോധം ആ ഞാനില്ലയോ ഒന്നുമില്ല ശരീരവുമില്ല ജഗത്തുമില്ല ഒന്നുമില്ല സർവഗുഹാശയസ്തം സമസ്ത ആധാരം സകലപ്രപഞ്ചത്തിനും ആശ്രയം സർവഗത്വം എവിടെയും നിറഞ്ഞിരിക്കുന്നു പരാത്മാനം അലേഭകം പരമകാരണമായി വിലസുന്ന വസ്തു അലേപകം ഒരു കളങ്കവും ഇന്ന് വരെ അതിൽ സ്പർശിച്ചിട്ടില്ല വാസുദേവം വരദമും വരണ്യം വാസുദേവം സകല ജഗത്തിനും ഉടമസ്ഥൻ സകലസ്വത്തിനും ഉടമസ്ഥൻ വസുദേവപുത്രനായി ജനിച്ചവൻ വാസുദേവം വരദം വരണ്യം എന്തുവരവും തരും അതായത് എന്താഗ്രഹിക്കുന്നു അതൊക്കെ തരുന്നതീ ബോധബ്രഹ്മമാണ് അഹം ഹി സർവയജ്ഞാനാം ഭോക്താ ച പ്രഭുരേ വച്ച കൃഷ്ണൻ ഗീതയിൽ പറയുന്നു നിങ്ങളാരേത് ദേവന് ഏതു രൂപത്തിൽ ഭജിച്ചാലും അർജുന ആ ഭജനമൊക്കെ എത്തിച്ചേരുന്നത് വാസുദേവം വരദം വരണ്യം ജഗദ്വാസിനാം ആത്മനാ കാണുന്നതും സദാ ജഗദ്വാസിന സകലജീവജാലങ്ങളുടെയും ആത്മാവായി ഉറുമ്പ് മുതൽ ബ്രഹ്മാവ് വരെയുള്ള സകലജീവജാലങ്ങളുടെയും ആത്മാവായി അയമാത്മാ ബ്രഹ്മാ പാണ്ഡവ്യോപനിഷത്തിലെ മഹാവാക്യമാണ് അയമാത്മാ ബ്രഹ്മ വാസുദേവം വരദം വരണ്യം ജഗദ്വാസിനം ആത്മനാ കാണുന്നതും സദാ അങ്ങനെ തസ്യ ആരാണോ ഈ രീതിയിലൊക്കെ അങ്ങയെ കാണുന്നത് സകലരുടെയും ആത്മാവായി അങ്ങയെ കാണുന്നത് തസ്യ ചിത്തയെ അദ്ദേഹത്തിൻ്റെ ചിത്തത്തിൽ ജനകാത്മജയാ സമം ഈ സീതയും ഒരുമിച്ച് നിസ്സംശയം വസിച്ചിടുക ശ്രീപഥ ഒരു സംശയവും വേണ്ട അങ്ങനെയൊക്കെ അവിടെ വസിക്കാതെ പറ്റില്ല വിഷ്ണു അംബരീഷനോട് പറഞ്ഞതുപോലെയാണ് അല്ല അംബരീഷിനോടല്ല ദുർവാസാവിനോട് ദുർവാസാവെ എന്തിനാണ് അംബരീഷിനോട് ഈ കുഴപ്പമൊക്കെ കാണിച്ചത് ഞാൻ വിചാരിച്ച ഒരു രക്ഷയുമില്ല എന്താ അംബരീഷൻ എന്നെ ഉള്ളിൽ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക സാധു ഗ്രസ്തഹൃദയാ എന്നാണ് ഭഗവാൻ പറയുന്നത് എനിക്കവിടെ നിന്ന് അനങ്ങാൻ നിവർത്തില്ല അങ്ങനെയാണ് ഈ ബ്രഹ്മനിഷ്ഠ ഉറപ്പുവന്ന ഒരാൾ ബ്രഹ്മതത്വത്തെ ഉള്ളിൽ അനങ്ങാനൊക്കില്ല അവളുത് ബ്രഹ്മമല്ലാതെ അവിടെ മറ്റൊന്നും ഇല്ല അങ്ങനെയാണ് ബ്രഹ്മം ഓരോ ഭക്തൻ്റെയും ഉള്ളിൽ ഇരിക്കുന്നത് വാസുദേവം വരദം വരണ്യം ജഗദ്വാസിനാം ആത്മനാ കാണുന്നതും സദാ തസചിത്തെ ജനകാത്മജയാസമം നിസ്സംശയം വസിച്ചിടുക ശ്രീപഥ ഇങ്ങനെ വാൽമീകി ഭഗവാന് താമസിക്കാൻ ഒരു സ്ഥലം കാട്ടിക്കൊടുത്തു സന്തത അഭ്യാസ ദൃഢീകൃത ചേതസ്സം കുറച്ച് കുറച്ച് നാളിലൊന്നും അഭ്യസിക്കണം കൃഷ്ണൻ പറയുന്നില്ലേ അത് ചിത്തം സമാധാത്തും ന സ്ഥിരം അഭ്യാസയോഗേന തത്വ മാമിച്ഛാതം പരന്ത അർജുന സ്ഥിരമായി നിൻ്റെ മനസ്സെന്നിൽ നിൽക്കുന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും അഭ്യസിക്കൂ മറന്നുപോകുന്നു പലരും പറയാറുണ്ടേ പറയുന്നു ഒക്കെ ശരിയാണ് സർ പക്ഷെ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നു സാരമില്ല ആവർത്തിച്ചഭ്യസിക്കൂ നിശ്ചയമായിട്ട് ഉറക്കും സംശയിക്കാനില്ല സന്തത അഭ്യാസ ദൃഢീകൃതചേതസം ഏത് കാര്യവും അഭ്യാസം ദീർഘിച്ചാൽ ദൃഢമായി ഭവിക്കും ലൗകിക കാര്യങ്ങൾ പോലും സന്തത അഭ്യാസ ദൃഢീകൃതചേതസന്തം തോൽപാദ സേവാരതാത്മനം ആ അഭ്യാസം കൊണ്ട് ദൃഢീകൃതമായ ചേതസ്സോടു കൂടി എപ്പോഴും അങ്ങയുടെ പാദസേവയിൽ തന്റെ മഗ്നരായിരിക്കുന്നു പാദസേവന്ന് വെച്ചാൽ ഓർമ്മ എപ്പോഴും അങ്ങയെ തന്നെ ഓർമ്മിച്ചുകൊണ്ട് നിമേഷാർത്ഥം അതിഷ്ടന്തി വൃത്തി ബ്രഹ്മമയ്യം വിന അരനിമിഷം പോലും ബ്രഹ്മചിന്ത കൂടാതെ നിൽക്കുന്നില്ല നാരദനെ പോലുള്ള സന്തത അഭ്യാസ ദൃഢീകൃത ചേതസ്സുകൾ എന്നാണ് ഭാഗവത് നമുക്ക് പറയുന്നത് സന്തത അഭ്യാസദൃഢീകൃതചേതസന്തൽപാദസേവാരതാത്മനാം സന്തതം തൊന്മാമമന്ത്ര മന്ത്ര ജപ ശുചി സന്തോഷചേതസാം അങ്ങനെയുള്ള നാമ ഇങ്ങനെ ചൊല്ലി ചൊല്ലി ആനന്ദിച്ച് മനസ്സിനെയൊക്കെ ശുദ്ധമാക്കി യാതൊരു കളങ്കവുമില്ലാതെ ആരാണോ കഴിഞ്ഞുകൂടുന്നത് ഭക്തിദ്രവാത്മനാ ഭക്തികൊണ്ട് ഹൃദയം ദ്രവീഭവിച്ച് അലിഞ്ഞ് ആര് ജീവിക്കുന്നുവോ അങ്ങനെ അങ്ങനെയുള്ളവരുടെ അന്തർഗതനായി വസിക്ക സീതയാ അവരുടെ ഉള്ളിൽ അങ്ങ് സീതയും ഒരുമിച്ച് താമസിക്കൂ ചിന്താമണേ ദയാരിതേ കർണാമൃതം തവ നാമമാഹാത്മ്യമോ വർണ്ണിപ്പതിനാർക്കും അവധമാവധമല്ലോ അങ്ങുള്ള നാമത്തിൻ്റെ മഹാത്മ്യം ആർക്ക് വർണ്ണിക്കാൻ കഴിയും എന്താ കാര്യം ആ നാമം ജപിച്ചാണ് കാട്ടാളനായ ഞാൻ ഒരു വലിയ ഋഷിയായി തീർന്നത് ചിന്മയനായനിൻ നാമമഹിമയാൽ ബ്രഹ്മമുനിയായി ചമഞ്ഞിതു ഞാനടോ ദുർമ്മതി ഞാൻ കിരാതന്മാരുമായി പുര നിർമര്യാദങ്ങൾ ചെയ്തനും പലതരം വാൽമീകിയുടെ ആ കഥയൊക്കെ വായിച്ച് മനസ്സിലാക്കുക അതിഗംഭീരമാണ് അധ്യാത്മരാമായണം എല്ലാം അതിലുണ്ട് എല്ലാം ഭക്തി വേണോ ഭക്തി ഉണ്ട് പരമമായ ഉപനിഷജ്ഞാനം വേണോ ഉപനിഷജ്ഞാനമുണ്ട് യോഗം വേണോ യോഗമുണ്ട് പൂർണ്ണ അദ്വൈതജ്ഞാനം ഉറപ്പുവന്നയാളായിരുന്നു എഴുത്തച്ഛൻ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രാമായണം നിരന്തരം നമ്മൾ വായിച്ച് മനനം ചെയ്യുകയാണെങ്കിൽ ആത്മജ്ഞാനത്തിന് മറ്റൊരു കൃതിയെയും ആശ്രയിക്കേണ്ടി വരില്ല നമ്മുടെ ഈ രാമായണ പാരായണം നാളെ അവസാനിക്കുകയാണ് നാളെ നമ്മുടെ പരിപാടിയിൽ അല്പം ചില വ്യത്യാസമുണ്ട് അഞ്ചരയ്ക്ക് കൃത്യം അഞ്ചരയ്ക്ക് നമ്മൾ ഇവിടെ പരിപാടി തുടങ്ങും കാരണം ഒരു പ്രസാദ വിതരണം ഉണ്ട് അത് അഞ്ചര മണിക്ക് തുടങ്ങും ആറു മണിക്ക് അത് തീർത്തിട്ട് ആറു മണിക്ക് കൃത്യമായി നമ്മൾ വീണ്ടും വായന ആരംഭിക്കും ആറേ മുക്കാലിന് വീണ്ടും നിർത്തും ആറേ മുതൽ ഏഴ് വരെ വീണ്ടും ആർക്കെങ്കിലും പ്രസാദം ആവശ്യമുണ്ടെങ്കിൽ അത് നൽകും എന്നിട്ട് സന്തോഷത്തോടുകൂടി രാമനെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നാളെ നമ്മൾ പെരിഞ്ഞു ഇതാണ് നാളത്തെ പരിപാടി രാമൻ്റെ അനുഗ്രഹവർഷം നമുക്കെല്ലാവർക്കും ബ്രഹ്മജ്ഞാനത്തിന് സംഭവിക്കുമാറാകട്ടെ നമസ്കാരം